ദൈവനാമത്തിന് മഹത്വം പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്നത്തെ ചിന്തക്കായിട്ട് യോഹനന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം യോഹനന്റെ സുശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം കർത്താവായ യേശു തന്നെ വാക്കുകളാണിത് ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മ സ്നാനം പരിശുദ്ധാത്മ നിറവ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയായിരുന്നല്ലോ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അനുഭവം വരുമ്പോൾ അത് നമ്മളെ ഫലത്തിലേക്ക് നയിക്കണം ആത്മാവിൻ്റെ ഫലം ഫലം നമ്മൾ മത്തായി സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിലും കാണുന്നുണ്ട് വൃക്ഷത്തെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത് ഇത് ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനം മൂലം വെളിവായില്ലെങ്കിൽ അത് കേവലം പരിശുദ്ധാത്മാവിനെ ചില നിറവ് നമുക്കുണ്ടായി അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് അത് അതിൽ തന്നെ പ്രയോജനമായിരിക്കേയില്ല പ്രിയപ്പെട്ടവർ പരിശുദ്ധാത്മാവിൻ്റെ വർധിച്ച അനുഭവം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലേക്ക് നമ്മെ നയിക്കണം കർത്താവ് ഇവിടെ പറയുന്നു ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും എന്നിൽ ഒരുത്തൻ വസിച്ചാൽ അവൻ വളരെ ഫലം കായിക്കും അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫലമാണ് പ്രധാനം അതിന് പകരം അതെത്ര വലിയ ശാഖകളോടുകൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ അത് എത്ര ഇലകളുണ്ട് ഇതൊന്നും അല്ലല്ലോ പ്രധാനം അതിനെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ആറാമത്തെ ആയ നാൽപ്പത്തിനാലാം വാക്യത്തിലും വൃക്ഷത്തെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത് ഫലമില്ലെങ്കിൽ അതിനെ വെട്ടി തേയിലിടുക എന്നൊക്കെ അന്ത്യനാളിൽ പറയുന്നതായിട്ട് മത്ത എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട് അപ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വർത്തമാനമായ അനുഭവങ്ങളും നമ്മളെ ആത്മാവിൻ്റെ ഫലങ്ങളിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ എവിടെയോ എന്തോ ഒരു തകരാറുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ആട്ടെ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തതയോടെ ഒരു നിർവചനം പോലെ പറയുന്ന വാക്യം നമ്മൾ ഗലാത്തിർ ലേഖനം അഞ്ചാം അധ്യായത്തിലെ കാണുന്നുണ്ട് ഗലാത്തിർ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ കൃത്യമായിട്ട് നിർവചിക്കുന്നുണ്ട് നമുക്ക് ആ വാക്യങ്ങൾ നോക്കാം ഗലാത്തിർ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘമ ദയാ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രജയം ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല ഇരുപത്തിരണ്ട് വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആ വാക്യങ്ങളില് പറയുന്ന ആത്മാവിൻ്റെ ഫലമോ എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ നമ്മൾ എണ്ണി നോക്കിയാൽ ഒൻപത് കൂട്ടം കാര്യങ്ങളാണ് ഉള്ളത് ഒൻപത് കൂട്ടം കാര്യങ്ങളാണുള്ളത് ഒൻപത് കൂട്ടങ്ങളെ തന്നെ നമുക്ക് വേണമെങ്കിൽ മൂന്നെണ്ണം വീതമുള്ള മൂന്ന് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാനായിട്ട് കഴിയും സ്നേഹം സന്തോഷം സമാധാനം അതാണ് ആദ്യത്തെ മൂന്നെണ്ണം ദീർഘക്ഷമ ദയ പരോപകാരം അതാണ് രണ്ടാമത്തെ മൂന്നെണ്ണം ഒടുവിലായിട്ട് വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം ഒടുവിലത്തേതായിട്ടുള്ള ആ മൂന്ന് ഫല ഫലങ്ങൾ ഇവിടെ നമ്മൾ കണ്ടോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ മൂന്നെണ്ണം വീതമുള്ള മൂന്ന് ഗ്രൂപ്പുകളായിട്ട് ഇതിനെ തിരിക്കുന്നത് നമ്മൾ ഈ ഈ ഫലമോ എന്ന് പറഞ്ഞ് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നോക്കുമ്പോൾ അവിടെ ആദ്യത്തെ സ്നേഹം സന്തോഷം സമാധാനം ഈ മൂന്നെണ്ണം ദൈവോന്മുഖമായിട്ടുള്ള ഫലങ്ങളാണ് എന്ന് കാണാൻ കഴിയും ദീർഘക്ഷമ ദയാ പരോപകാരം മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫലങ്ങൾ വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയ ഇത് നമ്മോട് തന്നെയുള്ള ബന്ധത്തിലുള്ള ഫലങ്ങൾ കണ്ടോ അപ്പോൾ ഒൻപത് ഫലങ്ങളെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചു ആദ്യത്തെ മൂന്നെണ്ണം ദൈവാഭിമുഖമായിട്ടുള്ള നമ്മുടെ ഫലങ്ങള് സ്നേഹം സന്തോഷം സമാധാനം അടുത്ത സെറ്റ് ദീർഘക്ഷമ ദയാ പരോപകാരം നമ്മൾ ദൈവത്തോട് ഉള്ള ബന്ധത്തിലല്ല ദീർഘക്ഷമയും ദയയും പരോപകാരവും ഒക്കെ കാണിക്കേണ്ടത് മറിച്ച് ആരോടുള്ള ബന്ധത്തിലാണ് മറ്റ് വ്യക്തികളോടുള്ള ബന്ധത്തിലാണ് അപ്പം ഈ രണ്ടാമത്തെ പറഞ്ഞ ദീർഘക്ഷമയായാലും ദയ പരോപകാരമായാലും മറ്റുള്ളവരോട് ബന്ധപ്പെട്ടുള്ളതാണ് ആട്ടെ ഒടുവിൽ പറയുന്നത് വിശ്വസ്തത ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മിൽ തന്നെ ഉണ്ടാകേണ്ടതാണ് സൗമ്യത നമ്മിൽ തന്നെ ഉള്ളതാണ് ഇന്ദ്രിയ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മേൽ നമ്മുടെ അവയവങ്ങളുടെ മേൽ നമുക്കുള്ള ജയം അത് നമ്മൾ തന്നെ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട ഉള്ളതല്ല അപ്പോൾ കണ്ടു നമ്മൾ ഈ പറഞ്ഞ ആത്മാവിൻ്റെ ഫലമോ എന്ന് പറഞ്ഞുള്ള ഒൻപത് കൂട്ടം കാര്യങ്ങളെ നമുക്ക് മൂന്നെണ്ണം വീതമുള്ള മൂന്ന് പട്ടികളായിട്ട് മൂന്ന് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാൻ കഴിയും ഇവിടെ ശ്രദ്ധിച്ചോ ആത്മാവിൻ്റെ ഫലമോ എന്ന് ഏകവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നല്ല ആത്മാവിൻ്റെ ഫലമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ ജഡത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് അതിൻ്റെ പത്തൊൻപത് മുതലുള്ള വാക്യം നോക്കുക ഗലാത്തിറ അഞ്ചിൻ്റെ പത്തൊൻപത് പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പകാ പിണക്കം വിചാരശങ്ക മദ്യപാനം ഋക്കുത്തം മുതലായ എന്നിങ്ങനെ പറഞ്ഞുമ്പോൾ ജഡത്തിൻ്റേത് പ്രവൃത്തികളാണ് അത് ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ജഡത്തിൻ്റെ പ്രവർത്തികൾ അതിനെതിരെ ഈ പറഞ്ഞ അശുദ്ധിക്കും ദുർനടപ്പിനും അല്ലെങ്കിൽ പകയ്ക്കും പിണക്കത്തിനും ഒക്കെ എതിരെ നമുക്ക് നമ്മളെന്ത് വേണം നമ്മൾ ഈ ജഡത്തിൻ്റെ പ്രവർത്തികൾക്കുള്ള പ്രേരണകളെ ജനി ജയിച്ച് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ജഡത്തിൻ്റെ പ്രവർത്തികളോ എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് തന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ ആത്മാവിൻ്റെ ഫലമോ ആ ഫലം അത് ദൈവോന്മുഖമായിട്ടുള്ളത് മറ്റു മനുഷ്യരുമായിട്ടുള്ളത് നമ്മോട് തമ്മിനെയുള്ള ബന്ധത്തിലുള്ളത് എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഈ മുകളിൽ പറഞ്ഞ നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡത്തിൻ്റേതായ പ്രേരണകളുണ്ട് പ്രവൃത്തികൾക്കുള്ള പ്രേരണകളുണ്ട് പകയും പിണക്കവും അതുപോലെയുള്ള അശുദ്ധിയും ദുറനടപ്പും ഇതിനിങ്ങനെയൊക്കെയുള്ള ജഡത്തിൻ്റെ പ്രവർത്തികൾക്കുള്ള പ്രേരണകളുണ്ട് ആ പ്രേരണകളെ നമ്മൾ ജയിച്ച് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ ആത്മ ഒരു ജീവിതം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്നാണ് യോഹനാൻ പതിനഞ്ചിൻ്റെ അഞ്ചിൽ നമ്മൾ വായിച്ചത് കർത്താവ് എന്താ പറഞ്ഞത് നിങ്ങൾ എന്നിൽ വസിച്ചാൽ വസിച്ചാൽ മാത്രമേ എന്നിൽ നിന്നുള്ള ആ നിലയിലുള്ള ആ രസം മുന്തിരിവള്ളിയുടെ ആ രസം നിങ്ങൾ കൊമ്പുകളിലേക്ക് അങ്ങനെ വന്നാലേ ഈ ഫലം കായ്ക്കാനൊക്കെ ഉള്ളു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇങ്ങനെ പറയാം പരിശുദ്ധാൽമാവിൻ്റെ ഏത് ഏത് വർത്തമാനമായ അനുഭവങ്ങളും നമ്മളെ ആത്മാവിൻ്റെ ഫലങ്ങളിലേക്ക് നയിക്കണം നയിക്കണം നമ്മളിവിടെ പറഞ്ഞല്ലോ നമുക്ക് വളരെ വേഗത്തിൽ ഈ കാര്യങ്ങളെ ഒന്ന് നോക്കാം ഈ മൂന്ന് കൂട്ടം മൂമൂന്നെണ്ണമുള്ള മൂന്ന് കൂട്ടം പറയുമ്പോൾ തന്നെ അതിനെ ആത്മാവിൻ്റെ ഫലമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫലം നമ്മൾ ഈ മുന്തിരിങ്ങയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ മൂന്ന് മുന്തിരിങ്ങ മൂന്ന് മുന്തിരിങ്ങ ഒരു ഒരു ഞെടുപ്പേല് മറ്റു മൂന്ന് മുന്തിരിങ്ങ മറ്റൊരു ഞെടുപ്പേല് മറ്റു മൂന്ന് മുന്തിരിങ്ങ മൂന്നാമതൊരു ഞെടുപ്പേൽ ഈ മൂന്ന് ഞെടുപ്പും കൂടെ ഒരൊറ്റ കൊലയാണ് കാരണം ആത്മാവിൻ്റെ ഫലമോ എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു കുലയിൽ മൂന്ന് ഞെടുപ്പ് ആ ഓരോ ഞെടുപ്പിലും മൂന്ന് മുന്തിരിങ്ങ വീതം അങ്ങനെ ഒന്ന് സങ്കല്പിച്ചാൽ ഇത് വളരെ വേഗത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും അതിൽ തന്നെ ആദ്യത്തെ ആ ഞെടുപ്പിലുള്ള മൂന്ന് മുന്തിരിങ്ങ എന്തൊക്കെയാ സ്നേഹം സന്തോഷം സമാധാനം ഇത് ദൈവത്തോട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും നമ്മൾ നോക്കുക ദിവ്യ സ്നേഹം ദിവ്യ സന്തോഷം ദിവ്യ സമാധാനം എന്നൊക്കെ നമ്മൾ പറയുണ്ടല്ലോ പറയാറുണ്ടല്ലോ ദിവ്യ എന്ന് പറയുന്നത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാൽ നമ്മൾ അടുത്ത സെറ്റിൽ ഒരിക്കലും ഒരിടത്തും ദിവ്യ ദീർഘക്ഷമയെന്നോ ദിവ്യ ദയെന്നോ ദിവ്യ പരോപകാരമെന്നോ ദിവ്യ ഇന്ദ്രീജയമെന്നോ ഒന്നും പറയാറില്ല അപ്പോൾ പ്രിയപ്പെട്ടവർ ദിവ്യമായ സ്നേഹം ദിവ്യമായ സന്തോഷം ദിവ്യമായ സമാധാനം ആ ദിവ്യ സമാധാനം ദൈവോന്മുഖമായിട്ടുള്ളതാണ് ദിവ്യമായ സന്തോഷം ദിവ്യമായ സ്നേഹം ഈ മൂന്ന് കാര്യങ്ങൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടത് സഹജീവികളോട് ബന്ധപ്പെട്ടതാണ് നമ്മൾ ക്ഷമിക്കുകയും ദയ കാണിക്കുകയും അവർക്ക് ഉപകാരം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മളോട് തന്നെയുള്ള ബന്ധത്തിൽ നമ്മൾ ഇന്ദ്രിയ ജയമുള്ളവരായിരിക്കണം വിശ്വസ്തരായിരിക്കണം സൗമ്യതയുള്ളവരായിരിക്കണം അപ്പോൾ ഒരു കുല മൂന്ന് ഞെട്ട് ആ മൂന്ന് ഞെട്ടിലും ഓരോ ഞെട്ടിലും മൂന്ന് മുന്തിരിങ്ങ വീതം ഇതുള്ള ഇതിനെ എല്ലാം കൂടെ ചേർന്ന് ആത്മാവിൻ്റെ ഫലം എന്നൊരൊറ്റ കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാകാനായിട്ട് നമുക്ക് വാഞ്ചിക്കുകയും നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കുകയും നമുക്കതിനായിട്ട് ജഡത്തിൻ്റെ പ്രവർത്തികൾക്കുള്ള പ്രേരണകളെ ജയിച്ച് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ ആത്മനിറവിൻ്റെ ഒരു ജീവിതത്തിനായിട്ട് ആഗ്രഹിക്കുകയും കർത്താവിൽ തന്നെ വസിക്കുകയും ചെയ്യുന്നവരായിട്ട് ആയിരിക്കാം ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒൻപത് കൂട്ടങ്ങളെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചു ദൈവത്തോടും സഹജീവികളോടും നമ്മോട് തന്നെയും എന്തുകൊണ്ടാണ് ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കേണ്ടി വരുന്നത് കാരണം നമുക്കറിയാം പാവം ഉണ്ടായപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആദിമ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ മൂന്ന് ബന്ധങ്ങളാണ് തകർന്നു പോയത് ഒന്ന് ദൈവത്തോടുള്ള ബന്ധം തകർന്നു നമ്മൾ ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ ആയതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ദൈവത്തോട് ചേർന്ന് ആ നിലയിലുള്ള ഒന്നിച്ച് നടക്കുന്നതും ഒന്നിച്ചുള്ള കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടായവർ ആദമുഹവം അവര് പാപത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ അവര് ദൈവത്തിന്റെ കാലോച്ച കൺ കേട്ടപ്പോൾ ഓടി ഒളിച്ചു എന്നാണ് ഉൽപ്പത്തി മൂന്നിന്റെ എട്ടിൽ നമ്മൾ പറയുന്നത് അപ്പൊ പാപം വന്നപ്പോ അവരുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധം തകർന്നു പോയി മറ്റ് സഹജീവികളോടുള്ള ബന്ധമോ ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ പന്ത്രണ്ട് നോക്കുക ആദമിനോട് ചോദിക്കുമ്പോൾ ആദം തൻ്റെ ഭാര്യയ്ക്ക് നേരെ കുറ്റപ്പെടുത്തുന്ന വിരൽ ചൂണ്ടുക ചെയ്ത് നീ എനിക്ക് തന്ന ഈ സ്ത്രീ അവൾ പഴം തന്നു ഞാൻ തിന്നു എന്ന് പറഞ്ഞ് അന്യോന്യമുള്ള സഹജീവികളോടുള്ള ബന്ധത്തിലും ഒരു തകർച്ച വരുന്നതാണ് പാപത്തിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്നത് മൂന്നാമതെന്ത് സംഭവിച്ചു ആ പാപത്തിൻ്റെ ഫലമായിട്ട് സ്വന്തം ആത്മാവിൽ തന്നെ മരണം വന്നു തിന്നുന്ന നാളിൽ മരിക്കും ഉൽപ്പത്തി രണ്ടിൻ്റെ കർത്താവ് പറഞ്ഞത് ദൈവം പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു ഞാൻ പറഞ്ഞു വന്നത് പാപം മൂന്ന് തലങ്ങളിൽ തകരാറുകൾ വരുത്തി ഒന്ന് ദൈവോന്മുഖമായ ബന്ധത്തെ തകർത്തു കളഞ്ഞു രണ്ട് സഹജീവികളുമായിട്ടുള്ള ബന്ധത്തെ ഇല്ലാതെയാക്കി മൂന്ന് അവനവനോട് തന്നെ അവനവനിലേക്ക് തന്നെ മരണം കൊടുക്കുന്നു അങ്ങനെ മൂന്ന് തലങ്ങളിൽ ഈ പാപം കുഴപ്പങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ട് തകരാറുകൾ സൃഷ്ടിച്ചതുകൊണ്ട് ഇന്ന് നമ്മൾ കർത്താവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച് നമ്മൾ കർത്താവിനായിട്ട് ജീവിച്ച് ആത്മ നിറവിൻ്റെ ഒരു വർത്തമാനമായ അനുഭവം പ്രാപിച്ച് ആത്മാവിൻ്റെ ഫലങ്ങൾ കായ്ക്കുമ്പോൾ ഈ നഷ്ടപ്പെട്ട മൂന്ന് തലങ്ങളിലും നമ്മളെ ഫലങ്ങൾ ഉള്ളവരായിരിക്കണം സ്നേഹ സന്തോഷം സമാധാനം ഇത് ദൈവത്തോട് ഉള്ള ബന്ധത്തിൽ ദീർഘക്ഷമ ദയാ പരോപകാരം സഹജീവികളോടുള്ള ബന്ധത്തിൽ ഇന്ദ്രിയ വിശ്വസ്തത സൗമ്യത നമ്മോട് തന്നെയുള്ള ബന്ധത്തിൽ അങ്ങനെ പാപം മൂലം നഷ്ടപ്പെട്ടു ആ മൂന്ന് ബന്ധങ്ങളെയും ഒരളവിൽ ആത്മാവിൻ്റെ ഫലം കൊണ്ട് നമ്മൾ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവർ നമുക്കിനി ഈ ഫലങ്ങളെ ഈ പറഞ്ഞ ആ ഫലങ്ങൾ അതിനെ എല്ലാം ചേർത്ത് സത്യത്തില്ലാതെ ഒരറ്റ ഫലമാണ് എങ്കിലും അതിനെ നമുക്ക് മൂന്നെണ്ണം വീതമുള്ള മൂന്ന് പട്ടികകളായിട്ട് തിരിച്ച് നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് നോക്കാം ഒന്നാമത് സ്നേഹം എന്ന് പറഞ്ഞിരിക്കുക സ്നേഹം എന്ന് പറയുന്നത് ദിവ്യമായ സ്നേഹമാണ് ദിവ്യമായ സ്നേഹം ദൈവത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള സ്നേഹം അവിടെയാണ് കാര്യങ്ങളുടെ തുടക്കം ദൈവത്തോടുള്ള ആ സ്നേഹം കർത്താവായ യേശു ക്രിസ്തു ഈ കൽപ്പനകളെയെ എല്ലാം രണ്ടായിട്ട് തിരിച്ച് പറയുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ കർത്താവിൻ്റെ അടുത്ത് വന്ന ഏറ്റവും വലിയ കൽപ്പന എന്തെന്ന് ചോദിച്ചു കർത്താവ് അതിന് മറുപടിയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അവിടെ ഒന്നാമത്തേതായിട്ട് കർത്താവ് പറയുന്നത് എന്താണ് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കണം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യം അപ്പോൾ സ്നേഹമെന്ന് പറയുന്നത് ദൈവോന്മുഖമായ ആ സ്നേഹം അതാണ് ഒന്നാമത്തേതും വലിയതുമായ കൽപ്പന എന്ന് പറയുന്നു ഈ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം അവിടെയാണ് തുടക്കം ആ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ആ ദൈവസ്നേഹം നമ്മൾ റോമർ അഞ്ചിൻ്റെ അഞ്ചിൽ ചിന്തിക്ക ചിന് നേരത്തെ ഒരിക്കൽ ചിന്തിച്ചതുപോലെ പരിശുദ്ധാത്മാവിനാൽ ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്ന് നമുക്ക് മറ്റുള്ള ആളുകളെയും സ്നേഹിക്കാനായിട്ട് കഴിയും മറ്റുള്ള ആളുകളോടുള്ള ബന്ധത്തിലും സഹജീവികളോടുള്ള ബന്ധത്തിലും നമുക്ക് സ്നേഹം ഉണ്ടാകണം പക്ഷേ ആ സ്നേഹം സഹജീവികളോടുള്ള സ്നേഹത്തിലല്ല തുടങ്ങേണ്ടത് ഈ കഴിഞ്ഞൊരു ദിവസം നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു സഹോദരൻ തന്നെ ചില കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ചില ഇന്നത്തെ ലോക്ക്ഡൗൺ പീരീഡിലൊക്കെ ഇരുന്ന് പല കാര്യങ്ങളൊക്കെ കേൾക്കുമല്ലോ അങ്ങനെയൊക്കെ കേട്ടിട്ട് അദ്ദേഹം ഒരു നിഗമനത്തിലെത്തി അദ്ദേഹം ആ കാര്യം ഇങ്ങനെ പങ്കുവച്ചു പ്രിയപ്പെട്ടവർ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും പറയണ്ട ഈ ക്രിസ്തീയതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് ഞാൻ മറ്റുള്ളതെല്ലാം വിട്ടേച്ച് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെയും അയൽക്കാരെയും കൂട്ടുകാരെയും നിന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക അതാണ് അതാണ് എനിക്ക് തന്നിട്ടുള്ള ഏകകല്പന ആ ഏകകല്പന പാലിക്കാൻ ഞാൻ അതിലങ്ങ് ശ്രദ്ധിക്കുക അതുകൊണ്ട് ഈ നിങ്ങൾ ഈ പറയുന്ന രക്ഷിക്കപ്പെടുക സ്നാനം അല്ലെങ്കിൽ പരിശുദ്ധ ആത്മ സ്നാനം ആത്മ നിറവ് ആത്മാവിൻ്റെ ഫലം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് അതങ്ങ് ഒത്തിരി അങ്ങ് ഇതിൻ്റെ എല്ലാം പുറകെ പോകാൻ എന്നെ കൊണ്ട് ഒക്കുകയില്ല അതുകൊണ്ട് ഞാൻ ഒരൊറ്റ കാര്യത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുക അതുണ്ടെങ്കിൽ എല്ലായല്ലോ എന്ന് ആ ചെറുപ്പക്കാരൻ എവിടെയോ കേട്ട ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ താൻ തൻ്റെ ഒരു നിലപാട് അങ്ങനെ പറയുമായിരുന്നു അന്നേരം അതിനെന്താ തകരാറ് അത് നല്ലതല്ലേ ആളുകളെ കേട്ടാൽ മറ്റുള്ളവരെ സ്നേഹിക്കുക പക്ഷേ പ്രിയപ്പെട്ടവർ നമുക്ക് മറ്റുള്ളവരെ അങ്ങനെ സ്നേഹിക്കാനായിട്ട് ഇന്നുമുതൽ ഞാൻ എല്ലാവരെയും സ്നേഹിക്കും എന്ന് തീരുമാനിച്ച് നമുക്ക് നമ്മിൽ നിന്ന് തന്നെ ആളുകളെ സ്നേഹിക്കാൻ ഒക്കുകയില്ല ഒന്നാമത് കർത്താവ് അവിടെ മൊത്തം സുവിശേഷം ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തേഴ് മുപ്പത്തെട്ട് രണ്ടാമത്തെ കല്പന കൂട്ടുകാരനെ സ്നേഹിക്കുക പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഒന്നാമത്തെ കല്പന പറഞ്ഞിട്ട് അതിൽ നിന്നാണ് രണ്ടാമത്തെ ഈ സഹജീവികളോടുള്ള സ്നേഹം വരാൻ കഴിയുള്ളു അല്ലാതെ നമ്മളൊരു പ്രമേയം പാസാക്കി ഇന്നു മുതല് ഞാൻ എല്ലാവരെയും സ്നേഹിക്കും എന്ന് പറഞ്ഞ് നമ്മൾ സ്നേഹിക്കാൻ ചെന്നാൽ അത് നടക്കുകയില്ല മറിച്ച് നമ്മൾ ഒന്നാമത് പൂർണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുകയും സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും എന്ന കർത്താവ് വേറെ ഒരിടത്ത് പറയുന്നുണ്ട് അങ്ങനെ കർത്താവിൻ്റെ കൽപ്പനകളെ സ്നേഹത്തിൽ അനുസരിക്കുകയൊക്കെ ചെയ്ത് കർത്താവിന് പൂർണമായിട്ട് കീഴ്പെട്ട് ആ ദൈവസ്നേഹത്തിൽ നമ്മൾ മുഴുകുമ്പോഴാണ് ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെടുകയും അവിടെ നിന്ന് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് കഴിയുകയും ചെയ്യുന്നത് അല്ലാതെ നമുക്ക് കേവലം നമ്മുടെ തന്നെ ഒരു ഉത്സാഹത്തിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് കഴിയില്ല അപ്പം നമുക്ക് ദൈവത്തോടുള്ള ആ സ്നേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത്തേത് സന്തോഷം എന്ന് പറയുന്നതാണ് സന്തോഷം നമ്മളോട് പറയുന്നുണ്ടല്ലോ ഒന്നത്തെ സ്ലോനിക്കർ അഞ്ചാമധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ എപ്പോഴും സന്തോഷിക്കാനായിട്ട് പറയുന്നുണ്ട് എപ്പോഴും സന്തോഷിക്കുക നമുക്ക് ഈ സന്തോഷം എപ്പോഴും അങ്ങനെ സന്തോഷിക്കാൻ ഒക്കുമോ എപ്പോഴും സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുമോ പ്രിയപ്പെട്ടവരെ അവിടെ നമ്മൾ പലപ്പോഴും നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അതിനുള്ള മറുപടി ഫിലിപ്പ്യർ നാലിൻ്റെ നാലാണ് എന്താണ് അവിടെ പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്നത് വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് തസ്ലോനിക്കർ അഞ്ചിൻ്റെ പതിനാറിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ റിജോയ്സിങ് ദ ലോഡ് കർത്താവിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത് കേവലൊരു വൈകാരികമായ ഒരു കാര്യമല്ല മറിച്ച് അതൊരു ഇച്ഛ വച്ചുള്ള ച്ചുള്ള ഞാൻ എൻ്റെ കർത്താവിൽ സന്തോഷിക്കും കർത്താവ് എന്നെ വീണ്ടെടുത്തു ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് കോവിഡും മഹാമാരിയും മറ്റേ അതിനെ കുറിച്ചുള്ള ഒക്കെ ഉണ്ടെങ്കിലും ദൈവം വീണ്ടെടുത്തു ഞാൻ ദൈവമകനാണ് ഞാൻ അതുകൊണ്ട് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാനായിട്ട് ഞാൻ എൻ്റെ ഇച്ഛയെ വെക്കും എന്നുള്ള നിലയിൽ ബോധപൂർവമായ ഒരു ഇച്ഛയുടെ കാൽവയ്പാണ് സന്തോഷം മനസ്സിലായോ ആളുകൾ പലപ്പോഴും എനിക്കൊരു സന്തോഷമില്ല എന്നൊക്കെ പറയുന്നത് അവരവരുടെ വികാരത്തിൽ സന്തോഷിക്കാൻ ആ അങ്ങനെ നോക്കുമ്പോൾ സാഹചര്യങ്ങൾ മാറി വരും ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ ഒന്നും പന്തിയല്ല എന്നുള്ള നിലയില് കാര്യങ്ങൾ വരും അപ്പൊ സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നതെങ്കിൽ അതൊരു ക്രിസ്തീയ സന്തോഷമല്ല മറിച്ച് എപ്പോഴും സന്തോഷിപ്പീൻ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറയുമ്പോൾ അത് സന്തോഷിക്കാനായിട്ട് ഞാന് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ആളുകൾ പറയും അങ്ങനെ തീരുമാനിച്ച് നമുക്ക് സന്തോഷിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾ എത്ര നിരാശാജനകമായിട്ട് വന്നാലും നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് പല കാര്യങ്ങളും വന്നില്ലെങ്കിലും നമുക്ക് നമ്മുടെ വികാരത്തിൽ നിരാശപ്പെട്ടു പോകാൻ തോന്നുമ്പോഴും നമ്മൾ എന്തു വേണം നമ്മള് കർത്താവ് നമുക്കായി ചെയ്ത കാര്യങ്ങൾ ോർത്ത് നമ്മൾ പറയാറുണ്ടല്ലോ നമുക്കൊരു കർത്താവുണ്ട് കർത്താവുണ്ട് കർത്താവിൽ സന്തോഷിപ്പാനാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യം ഓർത്ത് നമ്മൾ ബോധപൂർവം നമ്മുടെ മനസ്സിനെ ആ നിലയിൽ സെറ്റ് ചെയ്ത് സാഹചര്യത്തിലല്ല കർത്താവ് നമുക്ക് ചെയ്ത കാര്യങ്ങൾ ഓർത്ത് നമ്മൾ സന്തോഷമുള്ളവരായിരിക്കുക അതാണ് സന്തോഷം നമുക്ക് കൈയാളാൻ കഴിയുന്ന ഒരു കാര്യം അപ്പം നമ്മൾ ഒൻപത് ഫലങ്ങളില് സ്നേഹത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചുമാണ് പറഞ്ഞത് നമുക്ക് അടുത്ത ഫലങ്ങളെക്കുറിച്ച് നമുക്ക് വീണ്ടും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള മൂന്നാമത്തെ ഫലമായിട്ട് സമാധാനം ആണ് പറഞ്ഞിരിക്കുന്നത് ഒരു ദിവ്യമായ സമാധാനം സമാധാനം ഈ സമാധാനത്തെ പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഫിലിപ്പിർ കെഴുതിയ ലേഖനം നാലാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് അവിടെ പൗലോസ് എന്താ പറയുന്നത് സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം ആ ദിവ്യമായ സമാധാനം സകല ബുദ്ധിയേയും കവിയുന്നതാണ് അത് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുമ്പേ നമ്മൾ സന്തോഷത്തെ പറഞ്ഞതുപോലെ സമാധാനവും നമ്മൾ നമ്മുടെ സാഹചര്യത്തിൽ തിരയാൻ പോയാൽ പലപ്പോഴും സമാധാന സാഹചര്യത്തിൽ കണ്ടെന്ന് വരികയില്ല ഏർ ബുദ്ധിയെ കൊണ്ട് ആലോചിച്ചാൽ സമാധാനം കിട്ടാവുന്ന ഒരു സാഹചര്യം ആയിരിക്കേയില്ല അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് സകല ബുദ്ധിയേയും കവിയുന്നതാണ് ദിവ്യ സമാധാനം ആ ഒരിക്കലെ സമാധാനത്തെ കുറിച്ചൊരു ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു ചിത്രരചനാ മത്സരം നടന്നതിനെ ഞാൻ കേട്ടിട്ടുണ്ട് സമാധാനം എന്നുള്ളതായിരുന്നു വിഷയം കുഞ്ഞുങ്ങളൊക്കെ വളരെ സ്വസ്ഥമായി കാറ്റടിക്കുന്നതും പറവകള് പറന്നു ഉല്ലസിക്കുന്നതും കുഞ്ഞുങ്ങൾ കളിക്കുന്നതും ഒക്കെയായ പടങ്ങളാണ് വരച്ചത് എന്നാൽ കാരണം സമാധാനം എന്നുള്ളതാണല്ലോ വിഷയം എന്നാൽ അതിന് ഒന്നാം സമ്മാനം ചിത്രം അങ്ങനെ ആയിരുന്നില്ല അവിടെ ആ ചിത്രത്തിൽ ആ ചിത്രകാരൻ വരച്ചത് വലിയൊരു കാട്ടരുവി പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് കൂലം ഒഴുകുന്നു അതിൻ്റെ തീരത്ത് ഒരു മരം നിൽക്കുന്നു ആ മരത്തിൻ്റെ വേരുകളൊക്കെ ഈ കാട്ടാറിൻ്റെ ഓരത്ത് നിന്ന് അതിപ്പ നിലംപതിക്കും എന്നുള്ള നിലയിലുള്ള ഒരു വൃക്ഷം ആ വൃക്ഷം കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു പോകും പേടിച്ചു പോകുന്ന അന്തരീക്ഷം പക്ഷെ ആ പേടിച്ചു പോകുന്ന അന്തരീക്ഷത്തിൽ ആ ഇപ്പം നിലംപതിക്കും എന്ന് നമ്മൾ കാണുന്ന ആ വൃക്ഷത്തിൽ ഒരു കിളിക്കൂടുണ്ട് ആ കിളിക്കൂട്ടിൽ തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന ഒരു കിളി പാട്ടുപാടുന്ന ഒരു ചിത്രം വരച്ച അതിനാണ് ജഡ്ജസ് ഒന്നാം സമ്മാനം കൊടുത്തത് എന്നാണ് ഒരു ഉദാഹരണം ഞാൻ കേട്ടിട്ടുള്ളത് എന്താ അതിൻ്റെ അർത്ഥം എന്താ സാഹചര്യം പലപ്പോഴും നമുക്ക് ഒട്ടും നല്ലതല്ല എന്നാൽ അങ്ങനെ പ്രതികൂലമായ അസമാധാനം വരുത്താവുന്ന സാഹചര്യത്തിനിടയിൽ സമാധാനം കണ്ടെത്തുന്നതാണ് യഥാർത്ഥ സമാധാനം അപ്പൊ അതുകൊണ്ട് ദൈവസ്നേഹം സന്തോഷം സമാധാനം എന്ന് പറയുന്നത് കേവലം ആ കേവലം സന്തോഷം കേവലം സമാധാനം എന്നുള്ള നിലയിലല്ല ദിവ്യമായ സന്തോഷവും ദിവ്യമായ സമാധാനവുമാണ് അത് സാഹചര്യത്തെ അതിജീവിക്കുന്നതാണ് ഇതാണ് ദൈവോന്മുഖമായ സ്നേഹം സന്തോഷം സമാധാനം അടുത്തത് നമ്മൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ദീർഘക്ഷണം മറ്റുള്ളവരോട് നമ്മൾ എന്ത് വേണം ക്ഷമയുള്ളവരായിരിക്കണം ലോങ് സഫറിങ് ആയിരിക്കണം ക്ഷമിക്കേണ്ടി എന്തുകൊണ്ടാണ് നമുക്കെതിരെ തെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കേണ്ട അല്ലാതെ നമ്മൾ ചുമ്മാതെ ഇന്ന് രാവിലെ മുതൽ എല്ലാവരോടും ക്ഷമിച്ചേക്കാം എന്നല്ലല്ലോ പലപ്പോഴും നമുക്കെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട പോലെ മറ്റൊരാൾ പെരുമാറിയില്ല ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ക്ഷമയുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നു പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരോട് സഹജീവികളോടുള്ള ബന്ധത്തിൽ നമ്മൾ ദീർഘക്ഷമയുള്ളവരായിരിക്കണം അടുത്തത് ദയുള്ളവരായിരിക്കണം പരോപകാരം കൈൻഡനെസ് ഗുഡ്നെസ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഒടുവിലായിട്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ കാണുന്നത് അവനവനോടുള്ള ബന്ധത്തില ഇന്ദ്രിയ ജയം ഇന്ദ്രിയ ജയം നമുക്ക് നമ്മുടെ അവയവങ്ങളുണ്ട് കണ്ണുണ്ട് കാതുണ്ട് ഇതിനൊക്കെ നമ്മളെ നമ്മളെ ഒരു ജഡത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് നമ്മളെ തെറ്റിച്ചുകൊണ്ട് പോകാനിടയാകരുത് നമ്മളെന്ത് വേണം ഇന്ദ്രിയങ്ങളുടെ മേലൊക്കെ ജയമുള്ളവരായിരിക്കണം ദൈവമക്കളാണ് നമ്മൾ നമുക്കത് കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആ നിലയിലുള്ള സഹായം കൊണ്ടേ കഴിയുള്ളൂ കർത്താവിൽ വസിച്ചാലേ നമുക്ക് ഇന്ദ്രിയ ജയമുള്ളവരായിരിക്കാൻ കഴിയുള്ളു ഇന്നത്തെ കാലത്ത് ഈ മൊബൈലും നെറ്റും യൂട്യൂബും ഒക്കെ ആയിട്ട് പല നിലയില് ചെറുപ്പക്കാരെയുമൊക്കെ ഈ ജടീകമായ ഇച്ഛകളിലേക്ക് വലിച്ചയക്കാവുന്ന പല പലതും വരുന്ന ഒരു സമയത്ത് പ്രിയപ്പെട്ടവരെ നമ്മളെന്താണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇന്ദ്രിയ ജയം ടയാകുന്ന അങ്ങനെയൊക്കെയുള്ള പ്രലോഭനങ്ങളെ നമ്മൾ ബോധപൂർവം വേണ്ടെന്ന് വെക്കുകയും ഒഴിവാക്കുകയും ചെയ്ത് ഇന്ദ്രജയമുള്ളവരായിട്ട് നമ്മുടെ ചെറുപ്പക്കാരും സഹോന്മാരും സഹോദരിമാരും ആയിരിക്കണം അടുത്തതായിട്ട് പറയുന്നത് വിശ്വസ്തത എന്നുള്ള കാര്യമാണ് ഫെയ്ത്ത്ഫുൾ നമ്മൾ വിശ്വസ്തരാണോ അതോ ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മളെങ്ങനെയാണ് ആ കാര്യത്തിൽ വിശ്വസ്തരാണോ പണത്തിൻ്റെ കാര്യത്തിൽ സമയത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ വിശ്വസ്തരാണോ അടുത്തത് ഏറ്റവും ഒടുവിലായിട്ട് സൗമ്യത സൗമ്യത എന്ന് പറയുന്നത് എന്താ സൗമ്യത എന്ന് പറയുന്നത് കർത്താവായ യേശു എന്നിൽ നിന്ന് നിങ്ങൾ പഠിപ്പീനെന്ന് പറഞ്ഞ ഒരു കാര്യമാണ് മൊത്തം എഴുതിയ സുശേഷം പതിനൊന്നാമത്തെയും ഇരുപത്തൊൻപതാമത്തെ വാക്യം ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനായതുകൊണ്ട് എന്നിൽ നിന്ന് പഠിപ്പി ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ് കർത്താവ് വളരെ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഈ താഴ്മയും സൗമ്യതയും ഒന്നാണെന്ന് നമുക്ക് തോന്നും എന്നാൽ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് താഴ്മ എന്ന് പറയുന്നത് ഉള്ളിലുള്ള കാര്യമാണ് സൗമ്യത എന്ന് പറയുന്നത് ആ താഴ്മയുള്ളയാളിൻ്റെ പ്രവർത്തനത്തിൽ വെളിവാകുന്നതാണ് കണ്ടോ താഴ്മയാണ് ഉള്ളിൽ ഒന്നാമത് വേണ്ടത് ആ താഴ്മയുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറപ്പെടുന്ന പെരുമാറ്റമാണ് സൗമ്യത ഹ്യൂമിനിറ്റിയിൽ നിന്നാണ് വീക്ക്നെസ് വരേണ്ടത് അല്ലാതെ ഞാൻ ഇന്നു മുതൽ അങ്ങ് സൗമ്യമായിട്ട് പെരുമാറാം എന്ന് വിചാരിച്ചാൽ അത് നടക്കുകയില്ല യഥാർത്ഥത്തിൽ ഉള്ളിൽ താഴ്മയുണ്ടെങ്കിൽ ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിലേ വീക്ക്നെസ്സും നമുക്ക് വരികയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ വേഗത്തിൽ ഒൻപത് കൂട്ടം ഫലങ്ങളെക്കുറിച്ചാണ് ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് സ്നേഹം സന്തോഷം സമാധാനം ദൈവോന്മുഖമായ അത് അതുപോലെ തന്നെ നമ്മളോട് നമ്മളും സഹജീവികളും എന്നുള്ള ബന്ധത്തിൽ മറ്റുള്ളവരോട് ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും പരോപകാരമുള്ളവരായിരിക്കുകയും ചെയ്യണം നമ്മളോട് തന്നെയുള്ള ബന്ധത്തിൽ ഇന്ദ്രിയജയും വിശ്വസ്തയും സൗമ്യതയും ഉള്ളവരായിരിക്കണം അങ്ങനെ ഒൻപത് കൂട്ടം ഫലങ്ങൾ ഉള്ളവരായിട്ട് നമ്മളായിരിക്കണം ആട്ട ഈ ഒൻപത് കൂട്ടം ഫലങ്ങൾ നമ്മൾ കായിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചും നമ്മൾ വായിച്ച ഗലാത്തിർ കഴുതിയ ലേഖനം അഞ്ചാമധ്യായം അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ വായിച്ചതിൻ്റെ തൊട്ട് താഴെയുള്ള വാക്യത്തിൽ നമ്മളെ കാണുന്നുണ്ട് അതിൻ്റെ ഗലാത്തിർ കഴുതിയ ലേഖനം അഞ്ചാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കണം അപ്പം കണ്ടോ നമ്മൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ക്രൂശിച്ചാൽ മാത്രമേ നമുക്ക് ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ കായിക്കാനായിട്ട് കഴിയുള്ളൂ ദൈവം നമ്മൾ നിന്ന് ഈ ഒൻപത് കൂട്ടം ഫലങ്ങൾ ഉണ്ടോയെന്ന് നോക്കുന്നു പക്ഷെ ആ ഒൻപത് കൂട്ടം ഫലങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യേണ്ടതുണ്ട് ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം ഇവിടെ നമ്മൾക്ക് വാക്യങ്ങളെ വാക്യങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു സംശയം വരാം റോമർ ആറിൻ്റെ ആറിൽ പഴയ മനുഷ്യനെ ക്രൂശിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അത് നമ്മൾ ക്രൂശിക്കണമെന്നല്ല ദൈവം തന്നെ ക്രൂശിക്കുന്ന ക്രൂശിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് റോമർ ആറിൻ്റെ ആറിൽ നമ്മൾ കാണുന്നത് റോമർ ആറാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ കണ്ടോ നാം ഇനി പാപത്തിന് പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു കർത്താവ് ചെയ്ത ഒരു കാര്യമാണ് പഴയ മനുഷ്യനെ ക്രൂശിച്ചു ഗലാത്തേർ രണ്ടിൻ്റെ ഇരുപതില് സ്വയം നമ്മുടെ സ്വയം ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്ന വാക്യമുണ്ട് അതും ദൈവം തന്നെ ചെയ്ത ഒരു കാര്യമായിട്ടാണ് നമ്മളെ കാണുന്നത് ഗലാത്തേർ കെഴുതിയ ലേഖന രണ്ടാമധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നു ക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ സ്വയം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ എൻ്റെ പഴയ മനുഷ്യന് ക്രൂശിക്കപ്പെട്ടു എൻ്റെ സ്വയം ക്രൂശിക്കപ്പെട്ടു അത് രണ്ടും ദൈവമാണ് ക്രൂശിച്ചത് കണ്ടോ നമ്മുടെ പഴയ മനുഷ്യനും നമ്മുടെ സ്വയവും റോമർ ആറിൻ്റെ ആറിലും ഗലാത്തീർ രണ്ടിൻ്റെ ഇരുപതിലും ദൈവം തന്നെ ക്രൂശിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ ഇവിടെ ഗലാത്തീർ അഞ്ചിന്റെ ഇരുപത്തിനാലിൽ ക്രിസ്തുവേശുവിനുള്ളവർ തന്നെയാണ് ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ൂശിക്കേണ്ടത് ഇതപ്പോ എന്താ കാണിക്കുന്നത് ദൈവം ക്രിസ്തു ചെയ്തത് ക്രിസ്തു നമ്മുടെ പഴയ മനുഷ്യനെയും നമ്മുടെ സ്വയത്തെയും ക്രൂശിച്ചത് പ്രായോഗിക തലത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഞാൻ തന്നെ എന്തോ വേണം ഞാൻ തന്നെ എൻ്റെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം ഇതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം നമ്മൾ അവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ പരിശുദ്ധാത്മാവിൻ്റെ സഹായം അതിനാവശ്യമാണ് അതിൻ്റെ തൊട്ട് താഴെ ഗലാത്തിയാറ് അഞ്ചിൻ്റെ ഇരുപത്തിയഞ്ചിൽ ആത്മാവിനാൽ നാം ജീവിക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് കൂടാതെ അത് കഴിയുകയില്ല എന്നും പറഞ്ഞിരിക്കുക നമ്മൾ റോമർ എട്ടിൻ്റെ പതിമൂന്ന് വായിക്കുമ്പോഴും അവിടെ നമ്മൾ കാണുന്നത് റോമർ എട്ടിൻ്റെ പതിമൂന്ന് ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലും ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് നമുക്ക് എങ്ങനെ ഈ ഫലങ്ങൾ കായ്ക്കാനായിട്ട് കഴിയും ഈ ഒൻപത് കൂട്ടം ഫലങ്ങൾ കായ്ക്കാനായിട്ട് കഴിയുന്നത് കർത്താവ് തന്നെ നമ്മുടെ പഴയ മനുഷ്യനെയും നമ്മുടെ സ്വയത്തെയും ക്രൂശിച്ചിട്ടുണ്ട് ആ ക്രൂശിയിൽ കർത്താവ് ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ പ്രായോഗിക തലത്തിൽ യാഥാർത്ഥ്യമാക്കാൻ നാം തന്നെ നമ്മുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം ഇതിന് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിന് ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലും അപ്പം കണ്ടോ നമ്മൾ ആദ്യം വായിച്ച ജ യോഹനാൻ പതിനഞ്ചിൻ്റെ അഞ്ചിലേക്ക് വരുമ്പോൾ ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു നാം ഫലം കായ്ക്കണം നമ്മൾ ഒൻപത് കൂട്ടം ഫലങ്ങൾ ഉള്ളവരായിരിക്കണം പക്ഷെ ആ ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ കർത്താവിൽ തന്നെ വസിച്ച് ആ പരിശുദ്ധാൽമാവിനാൽ നമ്മൾ നമ്മൾ പ്രായോഗികമായിട്ട് നമ്മൾ നമ്മുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം അത് ആത്മാവിനാലാണ് കഴിയുന്നത് ദൈവം നേരത്തെ ക്രൂശിൽ ചെയ്ത റോമർ ആറിൻ്റെ ആറിലും ഗലാത്തേർ രണ്ടിൻ്റെ ഇരുപതിലും പഴയ മനുഷ്യനെയും സ്വയത്തെയും ദൈവം ക്രൂശിച്ച അതിനെ ഇന്ന് നമ്മുടെ പ്രായോഗിക തലത്തിൽ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ ആത്മാവിൻ്റെ ആ ഒരു സഹായത്തോടെ നമുക്കത് കഴിയും അങ്ങനെ കഴിയുമ്പോൾ നമ്മൾ ഈ ഫലങ്ങളെല്ലാം സ്നേഹം സന്തോഷം സമാധാനം ദൈവോന്മുഖമായിട്ടും ദീർഘക്ഷമയും ദൈവം പരോപകാരവും സഹജീവികളോടുള്ള ബന്ധത്തിലും ഇന്ദ്രിയജയവും വിശ്വസ്തതയും സൗമ്യതയും നമ്മോട് തന്നെയുള്ള ബന്ധത്തിലും ഉള്ളവരായിരിക്കണം ഈ ഫലങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളവരായിട്ടായിരിപ്പാൽ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ദൈവത്തിൽ കൂടുതൽ ആഴത്തിൽ വസിക്കാൻ നമ്മെ തന്നെ ഫലമേൽപ്പിക്കുകയും ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ